അങ്ങനെ നമ്മുടെ ദാസന്മാരിൽപ്പെട്ട ഒരു ദാസനെ അവർ കണ്ടെത്തി നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യം നാം അവന് നൽകിയിരുന്നോ നമ്മുടെ പ്രത്യേകമായ ഒരു വിജ്ഞാനവും നാം അവനെ പഠിപ്പിച്ചിരുന്നു